നിശ്ചയിക്കപ്പെട്ട ഒരു കാലക്രമം അനുസരിച്ച് അള്ളാഹു സുബാനഹു വാനയുടെ അനുമതിയോടെയല്ലാതെ ഒരു ജീവനും മരണപ്പെടുകയില്ല ഇഹലോകത്തെ പ്രതിഫലം ആഗ്രഹിക്കുന്നവന് അതിൽ നിന്ന് നാം നൽകുന്നതാണ് പരലോകത്തെ പ്രതിഫലം ആഗ്രഹിക്കുന്നവന് അതിൽ നിന്ന് നാം നൽകുന്നതാണ് നന്ദിയുള്ളവർക്ക് നാം പ്രതിഫലം നൽകുന്നതാണ്